ചോദിക്കണം ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് കയേഷയോസോ അഹം ഞാനെന്ന് പറയുന്നത് എന്താണ് ചോദിക്കുമ്പോ പുറമേക്കുള്ള ആൻസർ ഉത്തരം നമുക്ക് അറിയാം ഞാൻ ഇന്ന ആളാണ് ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണ് വൈശ്യനാണ് ശൂദ്രനാണ് ബ്രഹ്മചാരിയാണ് ഗൃഹസ്ഥനാണ് സന്യാസിയാണ് ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് ഒക്കെ വരും ഞാൻ ഭർത്താവാണ് ഭാര്യയാണ് അച്ഛനാണ് അമ്മയാണ് ഇത്തരത്തിലുള്ള വിശേഷണങ്ങളൊക്കെ ശരീരത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഇന്നവനാണെന്നുള്ള ഭ്രമത്തിനെ ആശ്രയിച്ചു കൊണ്ടുള്ള വിശേഷണങ്ങളൊക്കെ വരും ഞാൻ ഈ ശരീരമാണോ ഞാൻ ദേഹമാണോ ദേഹം എന്റെ സ്വരൂപമാണോ ദേഹം എന്റെ സ്വരൂപമാണെങ്കിൽ എനിക്ക് യാതൊരു രക്ഷയില്ല മരിച്ചു പോവേ ലക്ഷ്യമുള്ളൂ വാർദ്ധക്യം വ്യാധിയും ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല ശാസ്ത്രമൊക്കെ തന്നെ കള്ളമായി പോകും ശരീരം ഞാനാണോ അല്ല ശരീരത്തിൽ നിന്ന് അന്യമായി വ്യതിരിക്തമായി ഞാൻ എന്നുള്ള അനുഭവത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ കയ്യേകാല് ഒക്കെ വേർ പിരിച്ചെടുത്താലും ഞാൻ എന്നുള്ള അനുഭവം അല്പം പോലും ബാധിക്കപ്പെടാതെ ഉപലബ്ധമാണ് കൈയില്ലാത്തവരെ കാലില്ലാത്തവരെ ഒക്കെ നമ്മൾ ലോകത്തിൽ കാണണോ അവർക്കൊന്നും ഞാൻ എന്നുള്ളത് കുറവൊന്നുമില്ല ഉണ്ടോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും എങ്കിലും പുതിയതായിട്ട് കേൾക്കാം ഞാൻ തന്നെ എപ്പോഴും ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ പുത്തിയതായിട്ട് കേൾക്കുക ആദ്യമായിട്ട് കേൾക്കണ പോലെ കേൾക്കുക കയ്യും കാലും ഒക്കെ എടുത്തു കളഞ്ഞാലും ഞാൻ എന്നുള്ള അനുഭവം അല്പം പോലും ബാധിക്കപ്പെടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് സയൻസ് നമുക്ക് വളരെയധികം ഉപകാരം ചെയ്ത് മെഡിക്കൽ സയൻസ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ മാറ്റി വെക്കാം എന്നാണ് ശരീരത്തിലെ ഇനിയൊരു ഭാഗം ബാക്കിയില്ല അക്ക് വേറെ ആണി വേറെ എല്ലാം പിരിച്ചെടുത്ത് വേറെ കൊണ്ടുവന്ന് വെക്കുകയാണ് ആള് മാറിപ്പോണന്നുല്ലോ അല്ലേ അതേ ആള് തന്നെയാണോ വന്നിട്ട് പറയണത് ഓ പുതിയൊരു ജീവനാണ് കിട്ടിയത് കേട്ടോ വേറെ ലിവറാണിപ്പോ അടുത്ത വീട്ടിലെ ആളുടെ കിഡ്നി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഒന്ന് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിലും ഇനി പായി കഴിഞ്ഞാൽ വേറെ ആരുടെയോ ഹാർട്ട് വേറെ ആരുടെയോ ബ്രെയിൻ മറ്റാരുടെയോ കണ്ണ് ഇതൊക്കെ വച്ചിട്ട് ഞാൻ അതേ ആളാണ് എന്നുള്ള അനുഭവത്തിന് ഒരു കുറവുമില്ലാതെ വന്ന് നിൽക്കുന്ന ആളുകളെ നമുക്ക് സുലഭമായി കാണുന്ന ഒരു കാലമാണ് വളരെ ശ്രദ്ധിക്കണം വൈകുണ്ഠത്തിനെ കുറിച്ചോ കൈലാസത്തിനെ കുറിച്ചോ ഞാൻ ഇപ്പൊ പറയണില്ല നമ്മളെ തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യം ഈശ്വരൻ ഇല്ല എന്ന് വേണമെങ്കിൽ നിഷേധിക്കാം വൈകുണ്ഠത്തിനെയോ കൈലാസത്തിനെയോ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാം പക്ഷേ അവനവൻ ഇല്ല എന്ന് ആർക്കെങ്കിൽ നിഷേധിക്കാൻ പറ്റുമോ യുതേന നിഷേധസിദ്ധി നവയോഗി ഉപാഖ്യാനത്തിൽ പിപ്പലായനൻ പറഞ്ഞു നിഷേധിക്കണമെങ്കിൽ തന്നെ അതില്ലാതെ പറ്റില്ല എന്നാണ് നിഷേധിക്കുന്ന ആള് വേണമല്ലോ അവിടെ എങ്ങനെ നിഷേധിക്കും ഈശ്വരങ്ങളിൽ ഞാൻ വിശ്വസിക്കണില്ല എന്നൊക്കെ പറയാം പക്ഷെ ആരായി വിശ്വസിക്കണില്ല എന്ന് പറയണവനാരാ ഞാനുണ്ട് എന്നുള്ള അനുഭവം ഉണ്ടല്ലോ ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഈ വേദം ശാസ്ത്രം ഉപനിഷത്ത് ഒക്കെ കള്ളാണ് സ്വാമി വാദിക്കാൻ വേണ്ടി വന്നതാ മഹർഷി പറഞ്ഞു അതെ അതെ നീ ഒക്കെ സത്യം ഒക്കെ കള്ളം കൂടെ ചേർന്നു അയാള് പറഞ്ഞു വെയ് നിങ്ങൾ ഇതൊക്കെ ശരിയാണെന്ന് വാദിക്കുന്നു ഞാൻ വിചാരിച്ചു നിങ്ങളും എന്റെ കൂടെ ചരിയാണല്ലോ അല്ല നീ പറഞ്ഞത് ശരിയാണ് എല്ലാം കള്ളം പക്ഷെ നീ ഉണ്ടല്ലോ അല്ലേ എല്ലാം കള്ളം എന്ന് പറയുന്ന നീ ഉണ്ടോ ഇല്ലയോ ഞാനുണ്ട് അത് മതി നീ ആസ്തികനാണ് നാസ്തികനെ അല്ല ഞാൻ ഉണ്ട് നീ സമ്മതിക്കുന്നുണ്ടല്ലോ അതെന്താ കണ്ടുപിടിക്കും അതിനെ പറ്റില്ലല്ലോ അവനവൻ ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്ട് അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകൾ അകമേ പലതല്ല അതേകമാകും അകലും തുകയിൽ അഹം പുരുളും തുടർന്നിടുന്നു അതുമിതുമല്ല നാരായണഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകത്തിലെ ഗംഭീരമായ ശ്ലോകങ്ങളാണ് അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്ന് അറിഞ്ഞിടാതിരുന്നിടേണം ഇരുളിൽ ഇരിപ്പവനാർ ചൊൽക നീയെന്ന് ഒരുവൻ ഉരപ്പതു കേട്ടു താനുമേപം ഇരുട്ടിലേ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അന്ധകാരത്തിൽ ഇരിക്കാം ആ ശ്ലോകത്തിന് ആവരണ രൂപത്തിലൊക്കെ അർത്ഥം പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ഒന്നും നോക്കണ്ട നമുക്ക് നല്ലവണ്ണം അറിയണ ഒരു കാര്യണ്ട് ഞാനുണ്ട് എന്ന് ഒരു സംശയവും വരണില്ല അല്ലെ ധ്യാനിക്കാനുള്ള ആദ്യ വഴിയാണ് അത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ല കൂരിട്ടെ വാതിലടച്ചിരിക്കാം കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുണ്ടോ ഇല്ലയോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയം വരും എഴുന്നിട്ട് പോയാൽ അറിയില്ല ഒരു മെഡിറ്റേഷൻ ടീച്ചർ ഒരു പത്ത് പതിനഞ്ച് പേരെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ധ്യാന ക്ലാസ് നടത്തി അപ്പൊ അദ്ദേഹം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ധ്യാനിക്കാം എന്ന് പറഞ്ഞ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഇരുട്ടാക്കി കണ്ണടച്ചിരുന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞു അദ്ദേഹം എഴുന്നേറ്റു അരമണിക്കൂറിന് ശേഷം ആരും എഴുന്നേക്കണില്ല ഇനി എല്ലാവരും എഴുന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ശബ്ദമേ കേൾക്കണില്ല അദ്ദേഹം എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു നോക്കുമ്പോ റൂമിൽ ആരും ഇല്ല അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇരുട്ടുമുറിയിൽ അന്യമായ ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ വേണം അല്ലെ കണ്ണുകൊണ്ട് കാണണം അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കണം നിങ്ങൾ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കണം തൊട്ടു നോക്കണം എന്തെങ്കിലും ഇന്ദ്രിയങ്ങൾ ഇല്ലാതെ മറ്റുള്ളവരുണ്ടോ ഇല്ലയോ എന്ന് നിരൂപണം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എനിക്ക് വെളിച്ചം വേണോ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം സ്വയം പ്രകാശമാണ് അതാണ് ഭാഗവതം തുടങ്ങുമ്പോൾ സ്വരാട് എന്ന് പറഞ്ഞത് സ്വരാട് സ്വയം പ്രകാശമാണ് അത് സ്വയമേവ വെളിച്ചമാണ് അതാണ് നാരായണ ഗുരുസ്വാമി പറഞ്ഞത് അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്ന് അറിഞ്ഞിടാതിരുന്നിടേണം എല്ലും ഞാനുണ്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് ഈശ്വരനൊക്കെ അങ്ങോട്ട് വിട്ടോ അഖണ്ഡാനന്ദ സ്വാമി വലിയ ഭാഗവതകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവിനോട് ചോദിച്ച ചോദ്യം ഉത്തരം പൂർണാനന്ദ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഒരു ശ്ലോകത്തില് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത് ചോദിക്കുകയാണ് വൈകുണ്ഠം കൈലാസൊക്കെ എവിടെയാണ് ചോദിക്കുകയാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഗുരു വലിയ മഹാജ്ഞാനിയായിരുന്നു വൃന്ദാവനവാസികളാണ് അവരൊക്കെ പരമഭക്തന്മാരാണ് എങ്കിലും ജ്ഞാനികളുമാണ് ഭക്തന്മാരാണ് പരമവേദാന്തികളായിരുന്നു അപ്പോ ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചോദിക്കുകയാണ് വൈകുണ്ഠം എവിടെയാണ് കൈലാസം എവിടെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു പൂർണാനന്ദ തീർഥറിന് പേര് ഉഡിയബാബാ എന്ന് വിളിക്കും വടക്കൽ ഒക്കെ ഉഡിയബാബാൻസർ കൊടുത്തു ഉത്തരം കൊടുത്തതാണ് വൈകുണ്ഠക്കണ ദൃഷ്ട ശ്രവണപഥഗതസ്വപ്നവിത്തെ തദ്വൃത്തീനോധസഹജശയവ തോവാ പ്രമോദ്ര ഭാവമുക്തം തതിദമഹം അഹം ഇതി ബ്രഹ്മപൂർണ്ണം ന പൂർണാനന്ദോപദേശോ ദിശി വിദിശി സദാ മംഗളം വൈകുണ്ഠം എവിടെയെന്ന് ചോദിച്ചപ്പോ വൈകുണ്ഠത്തിന് ഇപ്പൊ ആരും കണ്ടിരിക്കണു ആരും ഇതുവരെ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പൊ കണ്ടാലും കണ്ടു പോയി വന്നു പോയി എന്നുള്ള സ്ഥിതി ഒക്കെ അതിനുണ്ട് ഈ യോഗികൾ സമാധി എന്നൊരു സമയ കാര്യം പറയുണ്ടല്ലോ അതും സുഷുപ്തി അവസ്ഥ പോലെ തന്നെ സമാധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സ്റ്റേറ്റ് പിന്നെ സമാധി പിന്നെ സമാധി കഴിഞ്ഞ് എഴുന്നേക്ക ഉണ്ട് അപ്പൊ പോക്കും വരവുണ്ട് ഇങ്ങനെ വരവും പോക്കും ഒന്നുമില്ലാതെ നിത്യനിരന്തരം ഒരു അനുഭവം നമ്മൾക്കുണ്ട് എന്നിട്ട് നമ്മൾ അതിനെ ശ്രദ്ധിക്കണില്ല സത്യം സത്യം പരം ധീമഹീന്നാണല്ലോ തുടങ്ങണേ സത്യം എന്ന് വെച്ചാൽ തന്നെ വരവും പോക്കും പാടില്ല എന്നുവെച്ചാൽ ഇപ്പൊ ഇവിടെ ഉണ്ടാവണം എന്നർത്ഥം ഇപ്പൊ ഇവിടെ ഉണ്ടാവണം അങ്ങനെ എന്താ സത്യം ഇതിദം അഹം അഹം ഇതി ബ്രഹ്മപൂർണം നചാന്യത്ത് അഹം അഹം എന്ന ഈ അനുഭവം ഉണ്ടല്ലോ ഞാൻ ഉണ്ട് ഞാനുണ്ട് എന്നൊരു അനുഭവം ഉണ്ടല്ലോ ഈ അനുഭവത്തിനെ കണ്ട് എന്തേ വിസ്മയിക്കാത്ത എന്നാണ് വൈകുണ്ഠമോ കൈലാസമോ കണ്ടാലും ഈ ബോധത്തിൽ ഇരുന്നു കൊണ്ട് വേണം കാണാൻ ഈ ബോധത്തിന് എന്ത് ശ്രദ്ധിക്കാത്ത അഹം അഹം തി ബ്രഹ്മപൂർണം നചാന്യത്ത് െ ഞാൻ ഞാൻ എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നുണ്ട് എസ് സാക്ഷാത് അപരോക്ഷം ബ്രഹ്മ അപരോക്ഷം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ഇപ്പൊ ഞാൻ ഉണ്ട് എന്നൊരു അനുഭവം എല്ലാവർക്കും ഉണ്ട് അല്ലെ എവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്താലും ഇരുട്ടാക്കിയാലും ഞാനുണ്ട് എന്നുള്ള അനുഭവം അഹം അഹം എന്ന അനുഭവമുണ്ട് സംസ്കൃതത്തിൽ ആ വാക്കുപോലും ആശ്ചര്യമാണ് അക്ഷരമാലയിലുള്ള എല്ലാ അക്ഷരങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ഉത്തമപുരുഷ വചനം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഉത്തമപുരുഷൻ എന്നാണ് സംസ്കൃതത്തില് ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സൺ അല്ലേ ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ സംസ്കൃതത്തിലെ തേർഡ് പേഴ്സൺ ആണ് പക്ഷെ ഉത്തമപുരുഷനാണ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സൺ ഐ ആണ് സംസ്കൃതത്തിലെ പ്രഥമ സഹ അവനാണ് അതിലു വേദാന്തം മുഴുവൻ അടങ്ങി ആ വ്യാകരണത്തിൽ തന്നെ അഹം എന്നുള്ളത് ബ്രഹ്മമാണ് പക്ഷെ ഫസ്റ്റ് പേഴ്സൺ അയ്യായിരിക്കാൻ പാടില്ല സഹാവായിരിക്കണം ഫസ്റ്റ് പേഴ്സൺ ഹി ആണ് സെക്കൻഡ് പേഴ്സൺ മധ്യമ പുരുഷൻ ത്വം ആണ് നീ ഉത്തമ പുരുഷൻ തേർഡ് പേഴ്സൺ ഉത്തമ പുരുഷനാണ് അഹം ഈ അഹത്തിന് എന്താ ഉത്തമപുരുഷന്ന് വെച്ചതെന്ന് വെച്ചാൽ ഗീത നോക്കണം ഉത്തമ പുരുഷസ്വന്യ പരമാത്മേ ഉത്തമപുരുഷൻ ഉണ്മയായ സ്വരൂപം പരമാത്മാവാണ് ഭഗവത് സ്വരൂപമാണ് മാത്രല്ല ആ എന്ന് തുടങ്ങുന്നു ഹ എന്ന് അവസാനിക്കുന്നു എന്ന് വിശ്രാന്തി അല്ലെ അഹം അക്ഷരമാല ആരംഭിക്കണതോ ആസാനിക്കണതോ ഹ അടച്ചാൽ ഉം അതിനകത്ത് അക്ഷരമാല മുഴുവൻ അടങ്ങി അഹം എന്നുള്ളതിൽ അക്ഷരമാല മുഴുവൻ അടങ്ങി എന്നുവെച്ചാൽ വേദാന്തം മുഴുവൻ ഞാൻ എന്നുള്ള അനുഭവത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെ തന്നെ ദർശനങ്ങൾ ഉണ്ടാവണമെങ്കിലും അതിന്റെ ഒക്കെ സോഴ്സ് യോനി അഹം എന്നുള്ള അനുഭവമാണ് ഇതിനെ ശാക്തന്മാര് ബൈന്ദവസ്ഥാനം എന്ന് പറയും ഭാഗവതത്തിൽ സത്യം എന്ന് പറയണത് ഈ അനുഭവത്തിനെയാണ് മഹാവിഭൂതി എന്ന് പറയുന്നത് ഈ അനുഭവത്തിനെയാണ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം പക്ഷേ ഈ ഞാൻ എന്താണ് എന്നുള്ളതിലാണ് ഭ്രമം അത് ശരീരമാണ് എന്ന് അജ്ഞാനികൾ ധരിച്ചിരിക്കണം ശരീരമാണ് ഞാനെങ്കിൽ എനിക്ക് ജന്മ ജര വ്യാധി ഒക്കെ ഉണ്ട് ശരീരം ഞാനാണോ ശരീരത്തിൽ കയ്യും കാലുമൊക്കെ പോയാലും ഞാൻ എന്നുള്ള അനുഭവമുണ്ട് അനുഭവത്തിന് ഒരു കുറവുമില്ല അപ്പൊ ഈ ഞാൻ എന്താണ് എന്റെ സ്വരൂപം എന്താണ് ഇങ്ങനെ നമ്മൾ വിചാരം ചെയ്യുമ്പോ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ഞാൻ എന്താണ് അഹം അഹം എന്നുള്ള അനുഭവം എന്താണ് ഈ ഈ ഇത്തരത്തിലുള്ള വിചാരം വളരെ ശ്രദ്ധയോടെ നമ്മള് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യസംഗം അധികവും പ്രഭാതത്തിലാണെങ്കിൽ വളരെ സുഖമാണ് ഇതവിടെ നല്ല ചൂടാണ് അപ്പൊ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതും രാവിലെ എത്ര ഇറ്റലിയാൽ തിന്നിട്ട് വന്നിരിക്കണതെന്ന് അറിയില്ല വേദാന്തവും ഇറ്റലിയും കൂടെ ചേർന്ന് പോല ബ്രേക്ക്ഫാസ്റ്റും വേദാന്തവും കൂടെ ചേർന്ന് പോയില്ല ശ്രദ്ധയോടെ ഉണ്ടെങ്കിൽ ഏറ്റവും ആശ്ചര്യമാണിത് നമ്മൾ ശ്രദ്ധ പുറമേക്ക് വിടയല്ല നമ്മളിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണ് നമ്മളുടെ തന്നെ അനുഭവത്തിനെ ശ്രദ്ധിക്കുകയാണ് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവ് ആനന്ദമെന്തു മലയാളത്തിൽ മാത്രം ഞാൻ എന്നും താനെന്നും പറയാം അല്ലെ താൻ വെച്ചാൽ നീന്നൊരു അർത്ഥമുണ്ട് അതല്ലാതെ താൻ എന്നു വെച്ചാൽ അഹം എന്നുള്ള അർത്ഥമുണ്ട് തന്നെ താൻ എന്നറിയില്ലേ ഞാൻ തന്നെ എന്നറിയില്ലേ അതിൽ ഒരു ഒരു തന്നെയും ആ തന്നെ അറിയുക തന്റെ യഥാർത്ഥ സ്വരൂപം ശരീരമല്ല പിന്നെ മനസ്സാണോ നോക്കണം ഈ യുക്തി ദിവസം ചെയ്യേണ്ടതാണ് നമ്മളുടെ തന്നെ ഒരു വീഡിയോ ീഡിയോ ഉണ്ടല്ലോ ഫോട്ടോ വേണ്ട ഒരു തൊണ്ണൂറ് വയസ്സില് വീഡിയോ എടുത്തു വച്ചിട്ട് അല്ല അപ്പൊ ഫോട്ടോ ആണെങ്കിൽ തൊണ്ണൂറ് വയസ്സായ ഒരു മുത്തശ്ശൻ പഴയ ആൽബം ഒക്കെ എടുത്ത് നോക്കുകയാണ് ഒരു കൊച്ചുകുട്ടിയുടെ ഫോട്ടോ എന്റെ പേരക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കാണ് ഇതാരാ അറിയോ പേരക്കുട്ടി പറഞ്ഞു ഏതോ കുഞ്ഞു കുഞ്ഞു കുട്ടിയാണ് മുത്തശ്ശൻ വന്ന് കുഞ്ഞുകുട്ടിയല്ല അത് മുത്തശ്ശനാണെന്നോന്നു ഈ മുത്തശ്ശനല്ലോ ചെറിയ കുട്ടിയല്ലേ മുത്തശ്ശൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള ഫോട്ടോ ആണ് അപ്പൊ ഇപ്പോ അതുപോലെ ഇല്ലല്ലോ ഇപ്പൊക്കെ മാറിപ്പോയി അപ്പൊ മുത്തശ്ശൻ മാറിപ്പോയോ ഞാൻ മാറിപ്പോയിട്ടൊന്നുമില്ലേ ഞാൻ അതേ ആളാണ് നമ്മളുടെ ഒക്കെ പ്രഖ്യാപനമാണത് അല്ലേ നമ്മൾക്കൊക്കെ നോക്കണം വളരെ ഈ വേദാന്ത ജ്ഞാനം ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുണ്ടാവണ ജ്ഞാനല്ല പക്ഷെ ഉള്ള ജ്ഞാനം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വിട്ടുകളയണതാണ് നമ്മളുടെ തന്നെ പടം എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാനാണെന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായി ചോദിച്ചാൽ പത്ത് വയസ്സിലുള്ള ശരീരത്തിലുള്ള ഒരു കോശം പോലും അമ്പത് വയസ്സിലുണ്ടാവില്ല ശരീരം മരിച്ചു പോയിരിക്കണു വളരെ വിസ്മയമാണ് പത്ത് വയസ്സിലുള്ള ശരീരം അമ്പത് വയസ്സിൽ ഇല്ല മരിച്ചു പോയിരിക്കണം എന്നിട്ടും അമ്പത് വയസ്സില് എനിക്കൊരു അനുഭവമുണ്ട് ഞാൻ അതേപടിയിരിക്കണമെന്നുള്ളത് ശരീരം മാറിപ്പോയി മനസ്സോ മനസ്സും മാറിപ്പോയി ബുദ്ധിയും മാറിപ്പോയി പക്ഷെ അതേ ഞാൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ആ അനുഭവത്തിന് അച്ഛി എന്ന് പറയുന്നു നമ്മൾ അച്ഛിത് അനുഭവത്തിന് ഒരു മാറ്റവുമില്ല ശരീരം മാറി മനസ്സ് മാറി ബുദ്ധി മാറി ഇന്ദ്രിയങ്ങളൊക്കെ മാറി പക്ഷെ ഞാൻ ഉണ്ട് എന്നുള്ള ആ അനുഭവം അഹം അഹം അഹം എന്നുള്ള അനുസ്യൂതമുള്ള ബോധത്തിന്റെ അനുഭവം കോൺഷ്യസ്നെസ് അനുഭവം എന്ന് പറയുന്നത് തന്നെ ബോധത്തിന്റെ സ്വരൂപമാണ് ആ അനുഭവത്തിന് യാതൊരു മാറ്റവുമില്ല ഏകാന്തമായിട്ടിരുന്ന് വിചാരം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒക്കെ മാറുന്നു പക്ഷെ ഈ അനുഭവം അതേപടി ഉണ്ടല്ലോ എനിക്ക് ഒരു മാറ്റവുമില്ലല്ലോ ആ അനുഭവത്തിന് ഇനിമേലാൽ പ്രാധാന്യം കൊടുക്കുകയാണ് നമ്മള് ഇത്രയും കാലം അതുണ്ട് ശ്രദ്ധിച്ചില്ല ഇപ്പൊ ശ്രദ്ധിക്കുകയാണ് വളരെ വിസ്മയമായ ഒരു വസ്തു എന്ന വണ്ണം ആ അനുഭവത്തിനെ നമ്മൾ കാണാണ് ഇതെങ്ങനെ സാധിക്കണോ ശരീരം മാറിയിട്ടും ഞാനൊന്നുള്ള അനുഭവം മാറണില്ല മനസ്സ് മാറിയിട്ടും ഞാനൊന്നുള്ള അനുഭവം മാറണില്ല ശരീരവും മനസ്സുമൊക്കെ ശിഥിലമായി പോകുമ്പോഴും ഈ അനുഭവം അതേപടയുണ്ട് ഈ ചിത അനുഭവം അതേപടയുണ്ട് ഈ അനുഭവത്തിന്റെ സ്വരൂപം എന്താണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി മൂന്നവസ്ഥകളുണ്ട് നമുക്ക് ആദ്യം ഈ വേദാന്തം മുഴുവൻ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പത്ത് മിനിറ്റ് വേണ്ടു ചതുശ്ലോക വിഭാഗം പറയാം അതുകൊണ്ടാണ് വിസ്തരിച്ച് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ക്ലാസ് എടുക്കുന്ന പോലെ ആയിപ്പോവും ജാഗ്രത് സ്വപ്നം സുഷുപ്തി നമുക്ക് മൂന്നവസ്ഥകളാണോ ഉള്ളത് ജാഗ്രത എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള അവസ്ഥ ചിലരൊന്നും ജാഗ്രതയിലില്ല ജാഗ്രത എന്ന് വെച്ചാൽ സ്ഥൂലമായ അവസ്ഥ ശരീരപ്രധാനമായ അവസ്ഥ ഭാഗവത്തിലൊക്കെ തന്നെ വളരെ പ്രധാന ഉപദേശങ്ങളൊക്കെ ഇതാണ് പ്രഹ്ലാദന് ഗർഭത്തിൽ കിടക്കുമ്പോൾ നാരദ മഹർഷി കൊടുക്കണ ഉപദേശമും ഇതാണ് ബുദ്ധേ ജാഗരണം സ്വപ്ന സുഷുപ്തിരീതി വൃത്തയാ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ജാഗ്രതത്തില് ശരീരം ഉണ്ട് പ്രപഞ്ചം കാണപ്പെടുന്നു ഞാനുണ്ട് സ്വപ്നത്തില് ശരീരമില്ല സ്വപ്നം കാണാൻ ഞാൻ മാത്രമാണ് സാമഗ്രി സ്വപ്നത്തില് മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു സുഷുപ്തിയില് ശരീരവും മനസ്സല്ല ഞാൻ എന്നുള്ള വ്യക്തിത്വവും ഇല്ല അവിടെയും ഞാനുണ്ട് ശരീരവും മനസ്സും ഉള്ളപ്പോഴും ഞാനുണ്ട് ശരീരവും മനസ്സും സുഷുപ്തി ഡീപ്പ് സ്ലീപ്പ് സ്വപ്നം ഇല്ലാത്ത ഉറക്കം കിടന്ന ഉടനെ ഉറങ്ങിപ്പോയി അപ്പോഴേക്കും നാലുമണിയായി അല്ലേ സമയം പോയതേ അറിയില്ല ഇപ്പൊ കിടന്നതേ ഉള്ളൂ നേരം വിളിച്ചായി ടൈമൊക്കെ കൈഞ്ഞോടുക്കുന്ന വേഗത്തിൽ പോയി എഴുന്നേറ്റു സുഷുപ്തി ദേശകാലങ്ങളൊന്നും അറിയുന്നില്ല സുഷുപ്തിയിൽ ഈ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥ വളരെ വിസ്മയകരമായ അവസ്ഥയാണ് നമ്മൾക്ക് ജ്ഞാനുണ്ടാവാൻ അതൊന്നും മതി വേണമെങ്കിൽ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ തള്ളിക്കളയണു ഉള്ളൂ ഡീപ് സ്ലീപ്പ് സുഷുപ്തി ഏറ്റവും ആശ്ചര്യമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ നാലുമണിക്ക് എഴുന്നേക്കണം എന്ന് വിചാരിച്ച് വളരെ ക്ഷീണിച്ചിട്ട് കിടന്നു വെച്ചോടാ രാത്രി നല്ല തളർ തളർന്നിട്ടാണ് കിടന്നത് നല്ലവണ്ണം ഉറങ്ങിപ്പോയി അറിയാതെ ഒരു ടിപ്പർ ലോറി പോയി അതാണ് ഏറ്റവും ബഹളം ഉണ്ടാക്കണത് ശബ്ദം കേട്ടിട്ട് ഉറക്കത്തിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റത് രണ്ടുമണിക്കാണ് എഴുന്നേറ്റ് പയ്യോ നാലുമണി ആയോ എന്ന് എഴുന്നേറ്റു നല്ല ഉറക്കണ്ട് ഡീപ് സ്ലിപ്പ് എന്നാണ് എഴുന്നേറ്റ് അപ്പൊ ടൈം പേസ് നോക്കി നോക്കിയപ്പോ രണ്ടുമണി ആയിട്ടുള്ളൂ ഉള്ളിൽ എങ്ങനെയുണ്ടാവും എങ്ങനെയുണ്ടാവും ഞാനിത് മലയാളികളോട് ചോദിച്ചിട്ടുണ്ട് തമിഴ്ക്കാരോട് ചോദിച്ചിട്ടുണ്ട് ഹിന്ദിക്കാരോട് ചോദിച്ചിട്ടുണ്ട് അമേരിക്കൻസിനോട് ചോദിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഉത്തരം ഏറ്റവും സന്തോഷമായിരിക്കുന്നതാണ് ഹാവു ഇനിയും രണ്ടു മണിക്കൂർ ഉണ്ട് തിരിച്ചങ്ങോട്ട് പോവാം ആലോചിക്കണ പോലും ഇല്ല ആലോചിക്കണതിന് ഒക്കെ പൊതച്ച അങ്ങോട്ട് കിടന്നു പൊതപ്പിന്റെ ഉള്ളിലേക്കും മുളഞ്ഞു അല്ലേ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണത് ലോകത്തിൽ എവിടെ പോയാലും എല്ലാവർക്കും പറയാനുള്ളതാണ് വളരെ സന്തോഷത്തോടെ പറയൂ ഇത് പറയുമ്പോൾ എത്ര സന്തോഷം അറിയാം ഓരോരുത്തരുടെ മുഖത്ത് ഈ ഡീപ്പ് സ്ലീപ്പ് സുഷുപ്തി മാത്രം ആർക്കും ബോറടിക്കുകയില്ല ലോകത്തിൽ ബാക്കി ഒക്കെ ബോറടിച്ചു പോണു ഇത് മാത്രം നമ്മൾ ജനിച്ചത് മുതൽ തുടങ്ങിയ എന്റർടൈൻമെന്റ് ആണ് അല്ലേ എന്തെങ്കിലുമൊക്കെ ബോറടിച്ചാൽ അതിന് പരിഹാരം തന്നെ ഓർക്കാണ് അത് മാത്രം സമയമേ ഇല്ല നമുക്ക് അവിടെ സമയമൊന്നും അറിയുന്നില്ല അത് മാത്രം വിരസത തോന്നണില്ല ഇപ്പൊ ചോദ്യം ചോദിക്കാനുള്ളത് സുഷുപ്തിയിൽ എന്തുകൊണ്ട് ഈ ഒരു സുഖം അവിടെ സുഖം ഉണ്ടോ നോക്കൂ ഇത് തത്വവിചാരം എന്ന് പറഞ്ഞ ഒരു ഫിലോസഫി അല്ല നമ്മളുടെ ഉള്ളിൽ സിദ്ധമായിട്ടുള്ള വസ്തുവിനെ ആവരണം നീക്കി കാണിച്ചു തരുകയാണ് വേദാന്തത്തിന്റെ ജോലി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സാധനൊന്നും വേണ്ട നിത്യനിരന്തരത് കാണപ്പെടും പുറമേയുള്ള ഒരു വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കണതെങ്കിൽ ഒബ്ജക്റ്റീവ് നോളജാണ് ആപ്പിൾ എന്തുകൊണ്ട് ചോട്ടൽ വീണു ഗുരുത്വാകർഷണ ശക്തിയാണ് എന്ന് അറിഞ്ഞു നമുക്കൊന്നും വലിയ പ്രയോജനമില്ല അറിവ് പക്ഷെ ഈ അറിവ് അങ്ങനെയല്ല നിങ്ങൾ ഈ അറിവിന്റെ ലക്ഷ്യം നിങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് മാത്രമല്ല അമൃതം തക്ഷുദ്ധം വിമലം വിശോകം അമൃതം സത്യം പരം ധിമഹീന അമൃതത്വം സിദ്ധമാവും സുഷുപ്തിയിൽ എന്താ സംഭവിക്കണേ പറയൂ എന്താ സംഭവിക്കണം യാജ്ഞവൽക്യൻ ബൃഹദാരണികൾ പറഞ്ഞു സ്വർണ്ണഖനിയുടെ മേലെ കൂടെ അനേക വർഷങ്ങൾ നടന്നിട്ട് ചുവട്ടിൽ ഒരു സ്വർണ്ണ ഉണ്ടെന്ന് അറിയാത്ത പോലെയാണ് ആളുകൾ ഉറക്കത്തിലേക്ക് പോയിട്ട് പോയിട്ട് വരുന്നത് എന്നാണ് അഹരഹരി ചിന്തി വിദന്തി ദിവസം പോകുന്നുണ്ട് എല്ലാ ദിവസവും അതിലേക്ക് പോകുന്നു പുറത്തു വരുന്നു എന്നിട്ട് നമ്മൾ എന്താ പറയാ സുഖമായി ഉറങ്ങി സുഖം എവിടുന്നൊന്നു വന്നു നമുക്ക് സാധാരണയായിട്ട് സുഖം കിട്ടണമെങ്കിൽ പുറത്ത് നേടിയെടുക്കണം അല്ലേ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ മണക്കുകയോ രുചിക്കുകയോ സ്പർശിക്കുകയോ വേണം സുഷുപ്തിയിൽ ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ഒന്നും മണത്തില്ല യാതൊന്നും രുചിച്ചില്ല ഒന്നും സ്പർശിച്ചില്ല എന്നിട്ട് ആ നിർവൃത്തി എവിടുന്ന് വന്നു നമ്മൾക്ക് ഒരു അറ്റൈൻമെന്റും ഇല്ല നമ്മളൊന്നും നേടിയെടുത്തില്ല എല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യണത് അല്ലേ അതിനകത്തേക്ക് പോകുമ്പോൾ ശരീരത്തിനെ നഷ്ടപ്പെടുത്തി മനസ്സിനെ നഷ്ടപ്പെടുത്തി നമ്മളുടെ വ്യക്തിത്വത്തിനെ തന്നെ നഷ്ടപ്പെടുത്തി പെർസണാലിറ്റി ഡെവലപ്മെന്റ് ഒന്നും വേണ്ട അവിടെ ഇപ്പൊ ആളുകളൊക്കെ പെർസണാലിറ്റി ഡെവലപ്മെന്റ് പറഞ്ഞാലാണ് ഗീതയ്ക്ക് പോണത് സുഷുപ്തിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒന്നുമില്ല പേഴ്സണാലിറ്റിയെ പോവുകയാണ് പക്ഷെ അവിടെ ഒരു കുറവുമില്ല കുറവില്ലെന്ന് മാത്രല്ല നല്ല നിറവുണ്ട് നിറവുണ്ട് സ്വീകരിക്കണം എന്താണെന്ന് വെച്ചാൽ വേദം പറയണോ നമ്മൾക്ക് പലപ്പോഴും ഉറക്കത്തിന്റെ മിസ്ട്രി നമുക്കറിയില്ല നമുക്ക് അതിന്റെ ആലസ്യം എന്നുള്ള അല്ലെങ്കിൽ സ്വപ്നം എന്നുള്ള ഭാഗമൊക്കെ അറിയുള്ളൂ പലപ്പോഴും കൊച്ചുകുട്ടികളാവുമ്പോ തന്നെ ആ കാലം കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ സുഷുപ്തി ഒക്കെ കടന്നുപോകും വാർദ്ധക്യത്തിൽ വരുമ്പോ സുഷുപ്തി ഈ സാന്ഡ്വിച്ച് പോലെയാണ് ഈ ബ്രെഡിന്റെ നടുവിൽ എന്തെങ്കിലും വെക്കണ പോലെ ഇങ്ങടും സ്വപ്നം ഇങ്ങടും സ്വപ്നം നടുവിലാണ് സുഷുപ്തി അതുകൊണ്ട് സുഷുപ്തിയെ അല്പം പോലും ഒന്നും നോക്കാനുള്ള ശക്തി മനസ്സിന് കിട്ടുന്നില്ല എഴുന്നേൽക്കുമ്പോഴും സ്വപ്നത്തിൽ എഴുന്നേൽക്കുന്നത് ഉള്ളു പോകുമ്പോഴും സ്വപ്നത്തിൽ കൂടെയാണ് അതുകൊണ്ടാണ് വയസ്സിന് വന്ന മനുഷ്യർക്ക് സുഷുപ്തി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് വളരെ ഉണ്ടാവും കുട്ടികളുടെ സൗന്ദര്യത്തിന് തന്നെ കാരണം സുഷുപ്തിയാണ് സുഷുപ്തിയിൽ ശരീരം ഇല്ലാതെ മനസ്സ് ഇല്ലാതെ അഭിമാനം ഇല്ലാതെ ഞാൻ എന്നുള്ള വ്യക്തിത്വം ഇല്ലാതെ നമ്മൾ പൂർണ്ണമായിട്ടിരുന്നതിന് ഉള്ള ദൃഷ്ടാന്തമാണ് ഡീപ്പ് സ്ലീപ്പ് േ അവിടെ ഞാൻ എന്നുള്ള വ്യക്തിത്വം ഇല്ല ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആദ്യം ഉണ്ടാവുന്നത് എന്താ ഞാൻ എന്നുള്ള അഭിമാനം പൊന്തു പിന്നെയാണ് മനസ്സ് വിരിയണത് മനസ്സ് പകുതി വിരിഞ്ഞ സ്വപ്നം നല്ലവണ്ണം വിരിഞ്ഞ ജാഗ്രത എഴുന്നേറ്റും അഭിമാന ആദ്യം ഉദിക്കണത് പിന്നെയാണ് ഞാൻ കോട്ടയത്താണ് അറിയണത് അപ്പൊ ആ സുഷുപ്തി അവസ്ഥയിൽ ശരീരമില്ലാതെ നമ്മൾ ഇരിക്കണതിന്റെ അനുഭവം നമ്മൾക്കുണ്ട് സ്വപ്നത്തിലും ജാഗ്രത്തിലും ശരീരവും മനസ്സും വരുമ്പോ അപ്പോഴും ഞാനുണ്ട് ശരീരവും മനസ്സും ഇല്ലാത്തപ്പോഴും ഞാനുണ്ട് ശരീരവും മനസ്സും ഉള്ളപ്പോഴും അസ്തിത്വം എക്സിസ്റ്റൻസ് അവനവന്റെ ഇരുപ്പ് ഉണ്ട് ബോധം ഉണ്ട് ഈ ബോധം എന്താണ് ഇത് ശരീരമാണോ മനസ്സോ ഒന്നും അല്ല ശങ്കരാചാര്യർ പറഞ്ഞു മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം ഗോവിന്ദഭഗവത്പാദരടുത്ത് എട്ടു വയസ്സിൽ ശങ്കരൻ പോയപ്പോ കേരളത്തിൽ നടന്നുപോയി മധ്യപ്രദേശിലേക്ക് നർമ്മദാനദിയുടെ തീരത്തില് ഗോവിന്ദഭഗത്പാദരി എട്ടു വയസായ കുട്ടിയെ കണ്ടപ്പോ ചോദിച്ചു നീ ആരാണെന്ന് ചോദിച്ചു ശങ്കരൻ പറഞ്ഞു ഭൂമിർ നേജോ നായു നഖം വേഷം സമൂഹം അനൈകാന്തികേകസിദ്ധേകലോഹം ഞാൻ ഈ പഞ്ചഭൂതാത്മകമായ ശരീരമല്ല ശരീരമോ മനസ്സോ ഇല്ലാത്ത സുഷുപ്തേക സിദ്ധ സുഷുപ്തി അവസ്ഥയിലും ഏതൊരു അതാണ് ഞാൻ സച്ചിദാനന്ദമാണ് ഞാൻ ശിവമാണ് ഞാൻ ശങ്കരാചാര്യർ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ദിഗ്വിജയം ചെയ്യുമ്പോൾ ഭാരതം മുഴുവൻ നടന്നു പോകുമ്പോ കർണാടക ദേശത്തിൽ ശ്രീപേലി എന്നൊരു ഗ്രാമം അവിടെ നല്ല അഗ്നിഹോത്രികളായ ധാരാളം ബ്രാഹ്മണർ ഉണ്ടായിരുന്നു അതിൽ പ്രഭാകരൻ എന്നൊരു ബ്രാഹ്മണൻ അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് എന്താ കുഴപ്പം എന്ന് വെച്ചാ ബാല്യം മുതൽക്ക് നിർവിക്കാരനായിട്ടിരിക്കും ആഹാരം കൊടുത്താ കഴിക്കും ദേഷ്യപ്പെടില്ല കരയില്ല നമസ്കരിപ്പിച്ചാ നമസ്കരിക്കും എഴുന്നേൽപ്പിച്ച് നിർത്തിയാ നിക്കും താനായിട്ടൊന്നും ചെയ്ത വൈദ്യന്മാരെ കൊണ്ട് കാണിച്ചപ്പോൾ വൈദ്യന്മാര് പറഞ്ഞു ഈ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താ എങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ അപ്പോഴാണ് ശങ്കരാചാര്യർ ആ ഗ്രാമത്തിലേക്ക് വരണത് ആചാര്യസ്വാമികളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കുട്ടിയെ കൊണ്ടുപോയിരുത്തി ഇരുത്തിയപ്പോ ആ കുട്ടി ഇങ്ങനെ മുമ്പിലിരിക്കുന്ന ആളെ നോക്കണമെന്നില്ല വേക്കൻ ലുക്ക് എന്ന് പറയും ശൂന്യമായ ദൃഷ്ടി കണ്ണ് തുറന്നിരിക്കുന്നുണ്ട് പക്ഷെ എന്തോ ആകാശം കാണുന്ന പോലെയാണെന്നാണ് വേദം തന്നെ ജ്ഞാനികളുടെ ദൃഷ്ടിയെ അങ്ങനെ പറയണ്ട തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂറയ ദിവീവചുരാ ആകാശം നോക്കുന്ന പോലെ ദൃഷ്ടി ശങ്കരൻ ആ കുട്ടിയെ കണ്ടോണ്ട് വളരെ സന്തോഷിച്ചു അച്ഛനും അമ്മയും പറഞ്ഞു ഈ കുട്ടി ഇങ്ങനെയാണ് മൂകനെ പോലെ ജടനെ പോലെ ഒന്നും റെസ്പോൺസ് ഇല്ല വിളിച്ചാ മിണ്ടിണില്ല അവിടുന്ന് അനുഗ്രഹിക്കണം ആചാര്യസ്വാമികൾ കുട്ടിയെ നോക്കണോ കുട്ടിയെ തിരിച്ചു നോക്കണില്ല അപ്പോഴാണ് ചോദിച്ചു കുഞ്ഞിനെ നീ ആരാണ് കസ്ത്വം ശിശു പന്ത്രണ്ട് വയസ്സായി കുട്ടിക്ക് കുട്ടിയെ കണ്ട് ആചാര്യസ്വാമികൾക്ക് മനസ്സിലായി ഇത് മൂകനും ചടനൊന്നും അല്ല നീ ആരാണ് നീ എവിടെ പോണു ഹേ ആഗന്തു നിന്റെ ലക്ഷ്യം എന്താ നീ എന്താ നിനക്ക് വല്ലത് ഓർമ്മയുണ്ടോ എന്റെ സ്വരൂപം എന്താണ് കസ്ത്വം ശിശു കസ്കുതോസി ഗന്ത കിം നാമതേത്വം എന്താ നിന്റെ പേര് കൂത ആഗതോസി എവിടുന്നു വരുന്നു ഏതന്മയോക്തം വധചാർഭകത്വം മത്പ്രീതയെ പ്രീതി വിവർദ്ധനോ സി നനെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു നീ ആരാ കുട്ടി പറയൂ ഇത്രയും നേരം ഉണ്ടാതിരുന്ന കുട്ടിയും പതുക്കെ വന്ന് ശങ്കരനെ നോക്കിയത്രെ തീക്ഷണമായിട്ട് എന്നിട്ട് ഗംഭീരമായിട്ട് ആ കുഞ്ഞ് ആ പയ്യൻ പ്രഖ്യാപിക്കുകയാണ് നാഹണക്ഷത്രിയ വൈശ്യശൂദ്രാഹ നീ നൃഗൃ വനസ്ത ഭിക്ഷുർാഹം നിജബോധ നിമ്ചക്ഷുരാത്തൗ നിരസ്ഖിളോധിശകൾ രവിർലോകേഷ്ടാ നിമോപലബി സ്വോഹം ആത്മാ ഞാൻ മനുഷ്യനല്ല ദേവനല്ല യക്ഷനല്ല ഗന്ധർവനല്ല ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ ഒന്നുമല്ല ഇതൊക്കെ ശരീരത്തിന്റെ വിശേഷനാണ് ശരീരത്തിനെ നോക്കിയിട്ട് ഒരാൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ ബ്രഹ്മചാരിയാണോ ഗൃഹസ്ഥനാണോ സന്യാസിയാണോ ഒക്കെ ശരീരം നോക്കിയാ പറയണം ഞാൻ ഈ ദേഹം തന്നെ അല്ല ദേഹമോ മനസ്സോ ഒന്നും തന്നെ ഞാനല്ല ആകാശം പോലെ ഒരു വരമ്പില്ലാതെ അനന്തമായിട്ടിരിക്കുന്ന ബോധമാണ് ചിതാകാശമാണ് ഞാൻ നിജബോധസ്വരൂപനാണ് ഞാൻ കേവല ചിത്സ്വരൂപനാണ് ഞാൻ എനിക്ക് യാതൊരു ഉപാധി ദോഷവുമില്ല ആകാശത്തിലുള്ള ഇരുട്ട് വെളിച്ചം പൊടിപടലങ്ങൾ ഒന്നും ആകാശത്തിനെ സ്പർശിക്കാത്ത പോലെ ശരീരത്തിന്റെ ദൂഷ്യങ്ങളോ മനസ്സിന്റെ വൈകല്യങ്ങളോ ബുദ്ധിയുടെ അവിവേകമോ ഒന്നും തന്നെ ശുദ്ധ പ്രജ്ഞയായ ബോധമായ എന്നെ അല്പം പോലും സ്പർശിക്കുന്നില്ല നിത്യമുക്തനായ വസ്തുവാണ് ഞാൻ എന്ന് ഗംഭീരമായിട്ട് പ്രഖ്യാപിച്ചു ആചാര്യസ്വാമികൾ പറഞ്ഞു ഇവൻ ചൊല്ലണത് മുഴുവൻ പഠിച്ചു വെച്ചുകൂടാന്നാണ് പത്മപാതൻ ആ ശ്ലോകം മുഴുവൻ തിരിച്ചുരുവിട്ടു അത്രേ ഈ കുട്ടി പറഞ്ഞു കേട്ടോണ്ണെ അവർ അത്രയും മിടുക്കന്മാരാണ് അപ്പൊ ആചാര്യസ്വാമികൾ പത്മപാതരോട് പറയാണ് ഇവൻ ചൊല്ലണത് ഇന്നോ ഇന്നലെയോ ഉണ്ടാക്കിയ ശ്ലോകമല്ലാതെ അനേക അനേക ജന്മങ്ങളായി ആത്മദർശികളുടെ ദർശനമാണ് ഹസ്താമലകൻ എന്നിവന് പേര് കൊടുക്കണം കാരണം ഇവൻ ചൊല്ലിയ സ്തോത്രം ഹസ്താമലക സ്തോത്രമാണ് കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ ആത്മതത്വം സുസ്പഷ്ടമായി ഇവൻ കാണുന്നു അവനൊരു ഉപദേശം ആവശ്യമില്ല അവനാണ് വിമുക്തൻ നിത്യമുക്തനാണ് അവൻ അവൻ ഉപാധി ദോഷമൊന്നുമില്ല അപ്പോ ശരീര സംബന്ധമായ ഒന്നും തന്നെ താനല്ല താൻ നിത്യമുക്തമായ ബോധമാണ് ആത്മാവാണ് എന്നുള്ള അനുഭവമാണ് ജ്ഞാനിയുടെ അപരോക്ഷമായ അനുഭവം ആ അനുഭവം ആർക്കുണ്ടോ അവന് സകല സംസാര ദുഃഖങ്ങളും അവന് വിട്ടു പോയിരിക്കുന്നു അവൻ വിമുക്തനാണ് ഈ അനുഭവ ബോധനം നമുക്ക് ചെയ്യാനാണ് ഗുരു തത്വമസി എന്ന് പറയാനാണ് ഗുരു ലോകത്തിലെ മുഴുവൻ നമുക്ക് ആളുകൾ ഉപദേശിക്കുന്നത് അറിഞ്ഞും മറിഞ്ഞും തെളിഞ്ഞും നമ്മളെ ശരീരമാണെന്ന് ഓർമ്മിപ്പിക്കലാണോ ലോകത്തിൽ ചെയ്യുക അല്ലെ നമ്മൾ രണ്ടുപേരും വർത്തമാനം പറയാൻ തുടങ്ങിയാ തന്നെ എന്താ ഡയബറ്റീസ് ഉണ്ടോ ബി പി ഉണ്ടോ റെഗുലർ ചെക്കപ്പ് ഒക്കെ നടത്തണം നമുക്ക് ഇത്തിരി ധൈര്യം ഉണ്ടാവും എങ്കിലും പറയും ഇപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ആളെ നേരെ ചൊവ്വ ചെക്കപ്പിന് പോയില്ല ബി പി ഷൂട്ടപ്പായി മരിച്ചു പേടിയായി നമ്മൾ അഞ്ചു മിനിറ്റ് സംസാരിച്ച പതി പേടിയോടെ തിരിച്ചു പോവാൻ ഇത് പരോക്ഷമായിട്ട് നമ്മൾക്ക് നീ ശരീരമാണ് ശരീരമാണോ എന്ന് ബോധിപ്പിക്കാനാണ് വേദം എന്ത് ചെയ്യണോന്ന് വെച്ചാൽ നീ ശരീരമൊന്നുമല്ല ഭയപ്പെടേണ്ട നീ നിത്യമുക്തമായ പൂർണ്ണ വസ്തുവാണ് നിനക്ക് ജനനമോ മരണമോ ഇല്ല വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പ്രസംഗിക്കുമ്പോ ഇങ്ങനെ അനുസ്യൂതം ഒരു പ്രവാഹം പോലെ ചില ടോക്സിലങ്ങനെ വന്നോണ്ടിരിക്കും യു ആർ ദിനിറ്റ് ട്രൂത്ത് യു ആർ ദ ഡെത്ത് ലെസ് സെൽഫ് ഇത് സാധാരണ ആളുകൾ പറയണ പോലെയല്ല അനുഭൂതിമാന്മാർ പറയുമ്പോൾ അത് മന്ത്രമാണ് നീ ശരീരമല്ല നീ പൂർണ്ണ വസ്തുവാണ് ഒരു കുഴപ്പവും നനക്കില്ല ഒരു പ്രശ്നവും നനക്കില്ല നീ നിത്യമുക്തനാണ് നീ ശരീരമാണ് ജീവനാണെന്ന് ഭ്രമിച്ചിരിക്കുകയാണ് എഴുന്നേക്കും ഒത്തിഷ്ട അപ്പോ പറഞ്ഞ് കേട്ടോണ്ടേ ഇരിക്കുമ്പോ അവസ്ഥ ഒരു അനുഭൂതി മണ്ഡലം അവിടെ തളം കെട്ടി നിൽക്കും കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞാ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സുണ്ടല്ലോ അത് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങും അപ്പൊ കൊറേ ചെറുപ്പക്കാര് പറഞ്ഞു ഈ സ്വാമി നമ്മളെ ഹിപ്പിനോട്ടൈസ് ചെയ്യണം എന്ന് തോന്നണമെന്നാണ് നമ്മളെ എന്തോ ഇന്ദ്രജാലത്തിൽ കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് ആ വിസ്മയത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ആകെപ്പാട് കേട്ടിരിക്കുന്നത് പാപികളെ പാപികളെ പാപികളെ അതാണ് ശരിയെന്നു തോന്നണത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ നേരം വിളിച്ച രാത്രി വരെ പാപം ചെയ്യാണ് ശരീരമാണ് ഞാൻ ധരിക്കണത് ഒരു പാപാണ് അപ്പൊ ഈ പാപികളെ പാപികളെ വിളിച്ചാണ് കേട്ടിരിക്കണത് അദ്ദേഹം എന്ന് പറയണു നിങ്ങൾ പാപികളല്ല നിങ്ങൾ ശരീരമേ അല്ല നിങ്ങൾ നിത്യമുക്തമായ പരിശുദ്ധമായ ആത്മസ്വരൂപികളാണ് അപ്പോ അടുത്ത ദിവസം പ്രസംഗിക്കുമ്പോ ഒരു പെൺകുട്ടി എഴുന്നേറ്റ പറഞ്ഞു സർ യു ആർ ഹിപ്പനോട്ടൈസിംഗ് സ്വാമി നിങ്ങള് ഞങ്ങളെ ഹിപ്പനോട്ടൈസ് ചെയ്യാണെന്നോ സ്വാമി പറഞ്ഞു നോ മൈ ഡിയർ ചൈൽഡ് ഐ എം നോട്ട് ഹിപ്പനോട്ടൈസിംഗ് യു ഐൺലി ഡി ഹിപ്പനോട്ടൈസിംഗ് യു യു ആർ ഓൾറെഡി ഹിപ്പനോട്ടൈസ്ഡ് ഞാൻ ഒന്നും മയക്കുന്നൊന്നുമില്ല നീ മയങ്ങി ബോധം കെട്ട് കിടക്കുകയാണ് ഞാൻ എഴുന്നേപ്പിക്കുകയാണ് നീ സ്വയം നീ എന്തല്ലയോ അതാണെന്ന് ധരിച്ചിരിക്കുകയാണ് ശരീരമാണെന്ന് ധരിച്ചിരിക്കുകയാണ് മനസ്സാണെന്ന് ധരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ സകല അനർത്ഥങ്ങളും ദുഃഖങ്ങളും തന്നെ പുറകെ വരും ഭാഗവിതത്തിൽ ഏകാദശത്തിൽ വന്ന ഉദാഹരണമാണ് പരുന്ത് മാംസകഷ്ണവും കടിച്ചുകൊണ്ട് പോകുമ്പോ കാക്കകൾ പുറകെ പറന്നു കൊത്തുക അതുപോലെ ഈ ശരീരം ഞാൻ എന്ന് ധരിക്കണതാണ് ഈ മാംസകഷ്ണം ഈ ശരീരത്തിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നിടത്തോളം ശരീരത്തിന്റെ ദുഃഖങ്ങൾ പുറകെ വരും എപ്പോഴാണോ ഉണ്മയായ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞു തുടങ്ങുന്നത് ശരീരം ഞാനല്ല ശരീരം എന്റെ സ്വരൂപമല്ല ഈ ഞാൻ എന്നുള്ളത് നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവമായ പൂർണ്ണ വസ്തുവാണ് ഭഗവത് സ്വരൂപമാണ് ഭഗവാനേ ഉള്ളൂ എന്നുള്ള അനുഭവം അതാണ് ലക്ഷ്യം ഔപനിഷതമായ ലക്ഷ്യം ഇതിലേക്കാണ് ഒരാചാര്യൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോണത് പക്ഷെ ഈ വിദ്യ കേൾക്കുമ്പോൾ ഇംപ്രാക്ടിക്കൽ പോലെ തോന്നും അതുകൊണ്ട് ലോകത്തിൽ ആരും ഇതിൽ രുചി കാണിക്കാറില്ല ആചാര്യസ്വാമി തന്നെ പറഞ്ഞു ആളുകൾ ആദ്യം എന്തെങ്കിലും വിഷമം വന്നാൽ പോണത് പണിക്കരുടെ അടുത്താണെന്നാണ് ആരും ശ്രുതിമാതാവിന്റെ അടുത്ത് വരാറില്ല എന്നാണ് അദ്യ അഷ്ടമീതി നവമീതി ചതുർദശീതി ജ്യോതിഷ്കവാചേ ഉപവസന്തി ഭക്ത ശ്രുതേസ്ത്വഹോ തത്വമസീതി വാക്യം വിശ്വസന്തി അദ്ഭുതമേതേ അഷ്ടമിയാണ് നവമിയാണ് ചതുദശിയാണ് ഇന്ന്രതം ചെയ്യൂ ഇത്ര പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യൂ ഒക്കെ പറഞ്ഞ ഭക്തിയോടെ ചെയ്യണം അടോ നീ പൂർണനാണ് തന്റെ സ്വരൂപം തന്നെ പൂർണ്ണതയാണ് താൻ ഈ ശരീരമല്ല എന്ന് ബോധിപ്പിക്കുമ്പോ ഇവന് ശ്രദ്ധിക്കാനുള്ള പക്വത വരണില്ല എന്നാണ് ശ്രദ്ധിച്ച് താൻ എന്നുള്ള അനുഭവം വന്നാൽ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നവന് സ്വപ്നത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേറെ എവിടെയെങ്കിലും പോണോ എഴുന്നേക്കുമ്പോൾ തന്നെ സ്വപ്നമേ ഇല്ലാതാവും അതുപോലെ നമ്മളുടെ ഉന്മയായ സ്വരൂപം എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ഈ ശരീരമല്ല ഈ അല്പമായ ജീവനല്ല സ്ത്രീയോ പുരുഷനോ ഈ വ്യക്തിയോ അഖണ്ഡ അദ്വയമായ പൂർണ്ണമായ ചിദാനന്ദ സ്വരൂപമായ വസ്തുവാണെന്ന് അറിയുമ്പോൾ നമ്മളിൽ ശാന്തി സ്വതസിദ്ധമാണ് നേടിയെടുക്കേണ്ടതല്ല പുറത്തുനിന്നൊന്നും നേടിയെടുക്കാനില്ല അഭിമാനം വരില്ലേ എന്ന് വെച്ചാൽ അഭിമാനം വരാതിരിക്കാനാണ് ഈ ഉപദേശം അഭിമാനം എവിടുന്നാണ് വരുന്നത് പരിച്ഛേദം വരുമ്പോഴാണ് അഭിമാനം അഖണ്ഡത്തിൽ എവിടുന്ന അഭിമാനം വരും രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിലല്ലേ അഭിമാനിക്കാൻ രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിൽ അഭിമാനം ഉണ്ടാവും ഇവിടെ രണ്ടാമതൊരു പൊരുൾ ഉണ്ടെങ്കിൽ ഒന്നൊന്നിനെ ഖണ്ഡം ചെയ്യും അഭിമാനം ഉണ്ടാവും അതാണ് ഹരിനാമകീർത്തനത്തില് പറഞ്ഞ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ് ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം താൻ ഇതെന്ന വഴി തോന്നേണമേ വരദനാരായണായനമ അഖിലം താനെന്ന് തോന്നിയാൽ പിന്നെ ഞാനെന്ന ഭാവം തോന്നില്ല എന്നർത്ഥം രണ്ടാമതൊരു പൊരുളില്ലെങ്കിൽ അഖണ്ഡമായ അദ്വയമായ ഒരു വസ്തുവേ ഉള്ളൂ അതിൽ ഞാൻ പ്രത്യേക ഒരു അഭിമാനത്തിനിടമില്ലാതായി തീരാ ഈ അഭിമാനമാണ് സകല ദുഃഖത്തിനും മൂല അഹങ്കാരവശാദ്പദ് അഹങ്കാരാദ് ദുരാദയാഹം അഹങ്കാരവശാദീഹ ന അഹങ്കാരാത് പരോരിപുഹു ശത്രുന്ന് പറയുന്നത് ഈ അഭിമാനാണ് ഈ അഭിമാനത്തിനെ ക്ഷയിപ്പിക്കാനാണ് ബ്രഹ്മാവ് ഭഗവാന്റെ അടുത്ത് ഉപദേശം ചോദിക്കുന്നത് ആത്മ ആത്മജ്ഞാനം കൊണ്ടേ അഭിമാനം പോവുള്ളൂ അതുകൊണ്ട് ഭഗവാൻ ബ്രഹ്മാവിന് ആത്മവിദ്യയെ ഉപദേശിക്കുകയാണ്